ഞാൻ ഒരു ദിവസം നശിക്കുകയുള്ളൂ ഫിലിസ്തീനയുടെ ദേശത്തിലേക്ക് ഓടിപ്പോകയല്ലാതെ എനിക്ക് വേറെ നിവർത്തിയില്ല ഷൗലപ്പോൾ ഇസ്രയേൽ ദേശത്തൊക്കെയും എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും ഞാൻ അവന്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞുപോകുമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു അങ്ങനെ ദാവീദ് പുറപ്പെട്ടുവിട്ടു താനും കൂടെയുള്ള അറുനൂറ് പേരും ഗത്ത് രാജാവായ മാവോക്കിന്റെ മകൻ ആഖിഷിന്റെ അടുക്കൽ ചെന്നു ഇസ്രയേൽക്കാരിയായ അഹിനോവോ നാബാലിന്റെ ഭാര്യയായിരുന്ന അബിഗൈ എന്ന രണ്ട് ഭാര്യമാരുമായി ദാവീദും കുടുംബസഹിതം അവന്റെ എല്ലാ ആളുകളും ഗത്തിൽ ആഖീഷിന്റെ അടുക്കലുകൾ പാർത്തു ദാവീദ് ഗത്തിലേക്ക് ഓടിപോയി എന്ന് ശൌലിന് അറിവ് കിട്ടിയിട്ട് അവൻ പിന്നെ അവനെ അന്വേഷിച്ചതുമില്ല ദാവീദ് ആഖീഷിനോട് നിനക്ക് കൃപയുണ്ടെങ്കിൽ നാട്ടു പുറത്ത് ഒരു ഊരിൽ എനിക്കൊരു സ്ഥലം കൽപ്പിച്ചു തരിവിക്കേണ്ട അവിടെ ഞാൻ പാർത്തുകൊള്ളാം രാജനഗരത്തിൽ നിന്റെ അടുക്കലുകൾ അടിയൻ പാർക്കുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞു പറഞ്ഞു ആഖീഷ് അന്ന് തന്നെ അവന് സിക്ലാഗ് കൽപ്പിച്ചു കൊടുത്തു അതുകൊണ്ട് സിക്ലാഗ് ഇന്നുവരെയും യഹൂദ രാജാക്കന്മാർക്കുള്ളതായിരിക്കുന്നു ദാവീദ്ദേശത്ത് പാർത്തകാലം ഒരാണ്ടും നാലു മാസവും ആയിരുന്നു അവന്റെ ആളുകളും ഗശൂര്യെയും ഗസ്രിയരെയും അമാല്യക്കരെയും ചെന്ന് ഷൂർ വരെയും മിസ്രയും ദേശം വരെയുമുള്ള നാട്ടിലെ പൂർവനിവാസികളായിരുന്നു എന്നാൽ ദാവീദ് ആ ദേശത്തെ ആക്രമിച്ചു പുരുഷന്മാരെയും സ്ത്രീകളെയും ജീവനോടെ വെച്ചില്ല ആടുമാടുകൾ കഴുതകൾ ഒട്ടകങ്ങൾ വസ്ത്രങ്ങൾ എന്നിവയൊക്കെയും അപഹരിച്ചുകൊണ്ട് അവൻ ആഖീഷിന്റെ അടുക്കൽ മടങ്ങിവന്നു നിങ്ങൾ ഇന്ന് എവിടെയായിരുന്നു പോയി ആക്രമിച്ചതെന്ന് ആഖീഷ് ചോദിച്ചതിന് യഹൂദയ്ക്ക് തെക്കും യരഫേമർക്ക് തെക്കും കേന്യർക്ക് തെക്കും എന്ന് ദാവീദ് പറഞ്ഞു ദാവീദ് ഇങ്ങനെയൊക്കെയും ചെയ്തു അവൻ ഫിലിസ്തരുടെ ദേശത്ത് പാർത്തകാലമൊക്കെയും അവന്റെ പതിവ് ായിരുന്നു എന്ന് അവർ നമ്മെക്കുറിച്ച് പറയരുത് എന്നു വെച്ച് ഗത്തിൽ വിവരമറിയിപ്പാൻ തക്കവണ്ണം ദാവീദ് പുരുഷനെയാകട്ടെ ആകട്ടെ ജീവനോടെ വെച്ചേച്ചില്ല ദാവീദ് സ്വന്ത ജനമായ ഇസ്രയേലിന് തന്നെത്താൻ നാറ്റിച്ചതുകൊണ്ട് അവൻ എന്നും എന്റെ ദാസനായിരിക്കുമെന്ന് പറഞ്ഞ് ആഖീഷ് അവനിൽ വിശ്വാസം വെച്ചു